ഖ്യാപുസ്തകം അധ്യായം ഒന്ന് അവർ മിസ്രൈം ദേശത്തുനിന്ന് പുറപ്പെട്ടതിന്റെ രണ്ടാം സംവത്സരം രണ്ടാം മാസം ഒന്നാം തീയതി യഹോവ സീനായി മരുഭൂമിയിൽ സമാഗമന കൂടാരത്തിൽ വച്ച് മോശയോട് അരുളി എന്തെന്നാൽ നിങ്ങൾ ഇസ്രയേൽ മക്കളിൽ ഗോത്രം ഗോത്രമായും കുടുംബം കുടുംബമായും സകല പുരുഷന്മാരെയും ആളാം പ്രതി പേർവഴി ചാർത്തി സംഘത്തിന്റെ ആകത്തുക എടുക്കണം നീയും അഹരോനും ഇസ്രയേലിൽ ഇരുപതു വയസ്സുമുതൽ മേലോട്ടോ യുദ്ധത്തിന് പുറപ്പെടുവാൻ പ്രാപ്തിയുള്ള എല്ലാവരെയും ഗണം ഗണമായി എണ്ണണം ഓരോ ഗോത്രത്തിൽ നിന്ന് തന്റെ കുടുംബത്തിൽ തലവനായ ഒരുത്തൻ നിങ്ങളോടു കൂടെ ഉണ്ടായിരിക്കണം നിങ്ങളോടു കൂടെ നിൽക്കേണ്ടുന്ന പുരുഷന്മാരുടെ പേരാവുക രൂപൻ ഗോത്രത്തിൽ ഷേതയൂരിന്റെ മകൻ എലിസു ഷിമയൂൻ ഗോത്രത്തിൽ സൂരിശദ്ദായിയുടെ മകൻ ഷെലൂമിയേൻ യഹൂദ ഗോത്രത്തിൽ അമീനാദാബിന്റെ മകൻ നഹോ ഇസാഖാർ ഗോത്രത്തിൽ സൂവാറിന്റെ മകൻ നഥനേ സെബുലൂൻ ഗോത്രത്തിൽ ഹോലോന്റെ മകൻ ഏലിയാമോസെഫിന്റെ മക്കളിൽ എഫ്രൈം ഗോത്രത്തിൽ അമീഹൂദിന്റെ മകൻകൻ എലീഷാ മാമ മനഷെ ഗോത്രത്തിൽ പെദാസൂരിന്റെ മകൻകൻ ഗമലിയലിയൻ ബെന്യാമീൻ ഗോത്രത്തിൽ ഗിതയോനിയുടെ മകൻകൻ അബിദാൻ ദാൻ ഗോത്രത്തിൽ അമ്മീഷായിയുടെ മകൻകൻ അഹിയസ് ആഷർ ഗോത്രത്തിൽ ഒക്രാന്റെ മകൻകൻ പഗിയാലിയൻ ഗാദുഗോത്രത്തിൽ േലിന്റെ മകൻ എലിയസ നഫ്താലി ഗോത്രത്തിൽ ഏനാന്റെ മകൻ അഹീര ഇവർ സംഘത്തിൽ നിന്ന് വിളിക്കപ്പെട്ടവരുമാരും തങ്ങളുടെ പൃതൃഗോത്രങ്ങളിൽ പ്രഭുക്കന്മാരുമാരും ഇസ്രയേലിൽ സഹസ്രാധിപന്മാരുമാരും ആയിരുന്നു കുറിക്കപ്പെട്ട ഈ പുരുഷന്മാരെ മോശയും അഹരോനും കൂട്ടിക്കൊണ്ടുപോയി രണ്ടാം മാസം ഒന്നാം തീയതി അവർ സർവസഭയേയും വിളിച്ചുകൂട്ടി അവർ ഗോത്രം ഗോത്രമായും കുടുംബം കുടുംബമായും ആളാം പ്രതി ഇരുപതു വയസ്സുമുതൽ മേലോട്ട് പേരുപേരായി താന്തങ്ങളുടെ വംശവിവരം അറിയിച്ചു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ സീനായി മരുഭൂമിയിൽ വെച്ച് അവരുടെ എണ്ണമെടുത്തു ഇസ്രയേലിന്റെ മൂത്ത മകനായ ൂപന്റെ മക്കളുടെ സന്തതികൾ കുലംകുലമായും കുടുംബം കുടുംബമായും ആളാംപ്രതി ഇരുപതു വയസ്സുമുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി രൂപൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് പേർ ഷിമയോന്റെ മക്കളുടെ സന്തതികളിൽ കുലംകുലമായും കുടുംബം കുടുംബമായും ആളാം ഇരുപതുവയസ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും ഷിമയോൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ അമ്പത്തിന്റെ മക്കളുടെ സന്തതികളിൽ കുലംകുലമായും കുടുംബം കുടുംബമായും ഇരുപതു വയസ്സുമുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി ോത്രത്തിൽ എണ്ണപ്പെട്ടവർ നാൽപ്പത്തി അയ്യായിരത്തി അറുനൂറ്റൻപത് പേർ യഹൂദയുടെ മക്കളുടെ സന്ധതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും ഇരുപത് വയസ്സുമുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി യഹൂദഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ എഴുപത്തിനാലായിരത്തി പേർ ഇസാഖാറിന്റെ മക്കളുടെ സന്തതികളിൽ കുലംകുലമായും കുടുംബം കുടുംബമായും ഇരുപത് വയസ്സുമുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി ഇസാഖാർ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ അമ്പത്തിനാലായിരത്തി നാനൂറ് പേർ സെബുലുവിന്റെ മക്കളുടെ സന്തതികളിൽ കുലംകുലമായും കുടുംബം കുടുംബമായും യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും സെബുലൂൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ അമ്പത്തിയേഴായിരത്തി യോസഫിന്റെ മക്കളിൽ യഫ്രൈമിന്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും ഇരുപത് വയസ്സുമുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരായി യഫ്രൈൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ അഞ്ഞൂറ് പേർ മനശ്ശയുടെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും ഇരുപത് വയസ്സുമുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി മനശെ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ മുപ്പത്തിരായിരത്തി ഇരുന്നൂറ് പേർ ബെന്യാമിന്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും ഇരുപത് വയസ്സുമുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി ബെന്യാമിൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ മുപ്പത്തി അയ്യായിരത്തി നാനൂറ് മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും യസുമുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി ദാൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ അറുപത്തിരായിരത്തി എഴുന്നൂറ് ആശയ മക്കളുടെ സന്തതികളിൽ കുലംകുലമായും കുടുംബം കുടുംബമായും ഇരുപത് വയസ്സുമുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി ആശയർ ഗോത്രത്തിൽ എപ്പെട്ടവർത്തി അഞ്ഞൂറ് നപ്താലിയുടെ മക്കളുടെ സന്തതികളിൽ കുലംകുലമായും കുടുംബം കുടുംബമായും ഇരുപത് വയസ്സുമുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി നപ്താലി ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ അമ്പത്തി പേർ മോശയും ഹരുനും ഗോത്രത്തിന് ഒരുവൻ വീതം ഇസ്രയേൽ പ്രഭുക്കന്മാരായ പന്ത്രണ്ട് പുരുഷന്മാരും കൂടി എണ്ണമെടുത്തവർ ഇവർ തന്നെ ഇസ്രയേൽ മക്കളിൽ ഗോത്രം ഗോത്രമായി ഇരുപത് വയസ്സുമുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരുമായി എണ്ണപ്പെട്ടവർ ആകെ ആറു ലക്ഷത്തി മൂവായിരത്തി പേർ ആയിരുന്നു ഇവരുടെ കൂട്ടത്തിൽ ലേവ്യരെ പിതൃഗോത്രമായി എണ്ണിയില്ല ലേവിഗോത്രത്തെ മാത്രം എണ്ണരുതരുത് ഇസ്രയേൽ മക്കളുടെ ഇടയിൽ അവരുടെ സംഖ്യ എടുക്കയും അരുതരുത് എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്ന ലേവ്യരെ സാക്ഷ്യ അതിന്റെ ഉപകരണങ്ങൾക്കും വസ്തുക്കൾക്കും ഒക്കെ വിചാരകന്മാരായി നിയമിക്കാൻ അവർ തിരുനിവാസവും അതിന്റെ ഉപകരണങ്ങളൊക്കെയും വഹിക്കണം അവർ അതിനെ ശുശ്രൂഷ ചെയ്യുകയും തിരുനിവാസത്തിന്റെ ചുറ്റും പാളയമടിച്ച് പാർക്കുകയും വേണം തിരുനിവാസം പുറപ്പെടുമ്പോൾ ലേവ്യർ അത് അഴിച്ചെടുക്കണം തിരുനിവാസം അടിക്കുമ്പോൾ ലേവ്യർ അത് നിവർത്തേണം ഒരന്യൻ അടുത്തുവന്നാൽ മരണശിക്ഷ അനുഭവിക്കണം ക്കൾ ഗണം ഗണമായി ഓരോരുത്തൻ താന്താന്റെ പാളയത്തിലും ഓരോരുത്തൻ താന്താന്റെ കൊടിക്കരിയേയും ഇങ്ങനെ കൂടാരമടിക്കുക എന്നാൽ ഇസ്രയേൽ മക്കളുടെ സംഘത്തിന്മേൽ ക്രോധം ഉണ്ടാകാതിരിക്കേണ്ടതിന് ലേവ്യർ സാക്ഷ്യനിവാസത്തിനു ചുറ്റും പാളയമിറങ്ങേ ലേവ്യർ സാക്ഷ്യനിവാസത്തിന്റെ കാര്യം നോക്കേണമെന്ന് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ എല്ലാം ഇസ്രായേൽ മക്കൾ ചെയ്തു ചെയ്തു അതുപോലെ തന്നെ അവർ ചെയ്തു ചെയ്തു